അതാണ് സന്തോഷത്തോടു കൂടെ ഭീഷ്മർ പറയണത് അനുകമ്പ നോക്കൂ അനുകമ്പ കൊണ്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ആരെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടാൽ മുച്ചതേ അവിദ്യ കാമകർമ്മിഹീൻ അവിദ്യ കാമം കർമ്മം ഇതുകൊണ്ടുള്ള വാസനകളിൽ നിന്ന് ജീവൻ മുക്തനായിട്ട് തീരുമോ ആ ഭഗവാൻ ധർമ്മപുത്രർക്ക് ഉപദേശിക്കാൻ എന്ന വ്യാജേനെ എന്റെ മുമ്പിൽ ഇതാ വന്ന് ഞാൻ ശരീരം വിടാനുള്ള സമയമായി എന്നറിയാം അതുകൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കാണ് അപ്പൊ ഭീഷ്മർ ജാഗ്രതയോട് പറയാണ് എന്റെ മുമ്പിൽ നിന്നാ പോരാ എന്റെ ധ്യാനപഥത്തിൽ വന്ന് നിക്കൂന്നാണ് കാരണം പുറത്ത് നിന്നാലും ഞാൻ കണ്ണടച്ച് ശരീരം ഇട്ട് കളയും അല്ലേ ഗുരുവായൂർ മെനക്കെട്ട് ക്യൂവിൽ നിന്ന് മുമ്പിൽ പോയി നിന്ന് ഗുരുവായൂരപ്പാന്ന് കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിൽ വേറെ എവിടെയോ പോകും നിൽക്കുന്നത് ഗുരുവായൂരപ്പന്റെ മുമ്പിലാണെങ്കിലും മനസ്സുകൊണ്ട് ചിലപ്പോ വേറെ എവിടേക്കെങ്കിലും പോയി കളിയുമ്പോൾ അപ്പോഴേക്കും അവിടെയുള്ള ആൾ പിടിച്ച് തള്ളുകയും ചെയ്യും കാണൂല അതുകൊണ്ട് ഭീഷ്മർ പറയുകയാണെ പുറത്ത് നിന്നാ പോരാ എന്റെ ധ്യാനപഥത്തിൽ വന്ന് നിൽക്കൂ ധ്യാനപഥത്തിൽ നിൽക്കാൻ പറയുമ്പോഴും യുദ്ധത്തിൽ വന്ന് നിന്ന കൃഷ്ണനും തന്റെ വാസനയ്ക്കനുസരിച്ച് ഭഗവാനെ ആരാധിക്ക നോക്കൂ ഭീഷ്മർ ആരാധിക്കുന്നതൊക്കെ യുദ്ധത്തിൽ നിൽക്കുന്ന കൃഷ്ണനാ അല്ലാതെ ഗോപാലകൃഷ്ണനല്ല നവനീത ചോരനല്ല യുദ്ധത്തിൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രകൃതി അതാണേ വാസന അതാണ് അപ്പൊ ആ പ്രകൃതിക്കനുസരിച്ച് വാസനയ്ക്കനുസരിച്ച് തന്നോട് യുദ്ധത്തിന് വന്നതും തന്റെ മുമ്പിൽ വന്ന് നിന്നതും തനിക്ക് അസൂയ വന്നതും ഒക്കെ ആരോപിക്കുക ഭീഷ്മർക്ക് എവിടെയാ അസൂയ വന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇത്ര വലിയ മഹാരഥന്മാർക്ക് സാധാരണ തേരോട്ടിയായിട്ടിരിക്കുമ്പോൾ തന്റെ പേരക്കുട്ടി അർജുനൻ ജഗതീശ്വരൻ തേരോട്ടിയായിട്ടിരുന്ന് തേരോട്ടി കൊണ്ടുവന്ന് കാണുമ്പോൾ അസൂയ വന്നു ഞങ്ങൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം ഈ പയ്യന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ആ രൂപം മുമ്പിൽ വരികയാണ് തേരോട്ടിക്കൊണ്ട് മേലെയൊക്കെ മണ്ണ് പറന്ന് വേർത്ത് കുളിച്ച് അങ്ങനെ ഒരു കൃഷ്ണനെ ആലോചിച്ച് നോക്കൂ ഭാഗവതത്തിൽ ഭീഷ്മർ വർണ്ണിക്കുന്ന കൃഷ്ണൻ അങ്ങനെയാണ് വേർത്ത് കുളിച്ച് മണ്ണൊക്കെ മേലെ ഒട്ടിപ്പിടിച്ച് യുധി തുരകരജോ വിധൂമ്ര വിശ്വകചലുളിത ശ്രമവാരി അലങ്കൃതാസ്യേ ശ്രമവാരി ശ്രമവാരി ആ വേർപ്പിൽ മണ്ണ് പെട്ട് വേർത്ത് കുളിച്ച് മണ്ണൊക്കെ മേലെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ആ കൃഷ്ണന്റെ രൂപമാണ് മുമ്പിൽ വരുന്നത് വിഷ്മൻക്ക് എന്താന്ന് വെച്ചാൽ ഇവരുടെ മുമ്പിലേക്ക് യുദ്ധത്തിന് ഒറ്റയാന്റെ മുമ്പിലേക്ക് സിംഹം വരണ പോലെ വന്നു എന്നൊക്കെയാണ് ഹരിവ ഹിഭം ഗതോത്തരീയ അപ്പൊ അങ്ങനെയൊക്കെ ഭഗവാനെ ധ്യാനിച്ച് അവസാന മനസ്സേകാഗ്രമായി യുദ്ധഭാവമൊക്കെ കളഞ്ഞ് ഗോപികാരമണനായിട്ടും നവനീത ചോരനായിട്ടും രാജസൂയയാക വേളയിലുള്ളതും ഒക്കെ ധ്യാനിച്ചു അവസാനം ഉള്ളിൽ ആത്മാവായിട്ട് കണ്ട് നിർവികൽപ സമാധിയിൽ ലയിച്ചു ൃദിഷ്ടമാതിദൃശ്യവനൈകഥാർക്കമേകം സമധിഗതോസ് എങ്ങനെയാണ് അത് സാധിച്ചതെന്ന് വച്ചാൽ സ്വകർമ്മണാത്തമഭ്യർച്ച അദ്ദേഹത്തിന്റെ കർമ്മം അതാണ് വാസന അതാണ് അതുകൊണ്ട് അങ്ങനെ അർച്ചിച്ചു അർച്ചിച്ച് കഴിഞ്ഞപ്പോൾ ആ വാസനം മുഴുവൻ പോയി മനസ്സ് ശാന്തമായി ആത്മാനുഭവം ഹൃദയത്തില് പ്രകാശിച്ചു ആത്മാവായിട്ട് ഭീഷ്മം സമ്പദ്യമാനം ആജ്ഞായ ബ്രഹ്മണി നിഷ്കലേ എന്നാണ് നിഷ്കലമായ ബ്രഹ്മത്തിൽ ഭീഷ്മൻ ലയിച്ചപ്പോ ആകാശത്തിൽ വൈകുന്നേരം പറക്കുന്ന കുരുവികൾ കിളികൾ കാക്കകളൊക്കെ ചേക്കേറിക്കഴിയുമ്പോ ഒരു നിശബ്ദത വരുമല്ലോ ഒരു നിശ്ചലത അതുപോലെ ഒരു നിശ്ചലത അന്തരീക്ഷത്തിൽ വന്നു എങ്ങനെ സാധിച്ചു കർമ്മം കൊണ്ട് അർച്ചിച്ചു കർമ്മത്തിനെ അങ്ങോട്ട് അർപ്പണം ചെയ്തു ഗാന്ധിജി പറയണു ഫ്രീഡം മൂവ്മെന്റ് ഈസ് ഓൺലി എൽ പ്രാക്ടീസ് ഫോർ അതിന്റെ റിസൾട്ട് എന്താണ് ഞാൻ ചിന്തിക്കണില്ല അതിനെ കുറിച്ച് വ്യാകുലനുമല്ല അത് ഈശ്വരന്റെ ഡിപ്പാർട്ട്മെന്റാണ് ഞാൻ ചിന്തിക്കണില്ല പക്ഷെ എന്റെ ധർമ്മമായിട്ട് അത് എന്റെ മുമ്പിൽ വീണ് കിട്ടി ഞാൻ അത് ചെയ്തു അത്രേ ഉള്ളൂ എന്നാണ് സ്വകർമ്മണാഥമഭ്യർത്ഥിയെ അതുകൊണ്ട് അതിനെ സാധനയാക്കി മാറ്റി അദ്ദേഹം നിരാഹാര സത്യാഗ്രഹവും ഒക്കെ ഭഗവത് പ്രാപ്തിക്കുള്ള വഴിയാക്കി മാറ്റി അദ്ദേഹത്തിന്റെ അവസാനത്തെ ലെറ്റേഴ്സിലൊക്കെ കാണാം മരിക്കണ സമയത്ത് രാമനെ ഹൃദയത്തിൽ രാമനാമം വെച്ചുകൊണ്ട് മരിക്കണമെന്നൊക്കെ കത്തുകളിൽ തന്നെ എഴുതുന്നുണ്ട് സ്വകർമ്മണാഥമഭ്യർച്ച് സിദ്ധിം വിന്ദതി മാനവ അവരെന്ത് നോക്കൊരു ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഫ്രീഡം മൂവ്മെന്റ് യുദ്ധഭൂമിയിൽ വെച്ച് ഗീത ഉപദേശിച്ചത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം മഹാത്മാഗാന്ധിയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ ടെക്സ്റ്റ് പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് തെളിയിച്ചത് രാഷ്ട്രീയത്തിന്റെ ഉള്ളിലേക്ക് അല്ലേ ഈ ഒഴുകുചാലിൻ്റെ ഉള്ളിലേക്ക് അതായത് കൊണ്ടുവന്നതാണ് അതിൻ്റെ ഗീതയെ കൊണ്ടുവന്ന് ഗീതയെ ആശ്രയിച്ചും ഒരു ഒരു ഒരു മാജിക്ക് നടന്നു അതിന്റെ റിസൾട്ട് നമ്മൾ എന്ത് വേണമെങ്കിൽ പറയാം അത് എല്ലാവരും ചെയ്യാൻ പുറപ്പെട്ടു അതൊക്കെ ശരിയാവും അതൊന്നും നമ്മളുടെ കയ്യിലില്ല അത് ഒരാൾക്ക് അയാളുടെ മുമ്പിൽ അത് മുക്തിമാർഗമായിട്ട് തുറന്നു കിട്ടി ആ മുക്തിമാർഗമാണിവിടെ അതുകൊണ്ട് സ്വധർമ്മത്തിനെ ആദ്യം കണ്ടുപിടിക്കുക ആ സ്വധർമ്മത്തിന് ഭഗവാൻ അർപ്പിക്കുക നിങ്ങൾ ജപം ചെയ്യണത് പൂജ ചെയ്യണത് ധ്യാനം ചെയ്യണത് പ്രാണായാമം ചെയ്യണത് യോഗസാധനകൾ ചെയ്യണത് പുസ്തകം പഠിക്കണത് എല്ലാം എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വധർമ്മത്തിനെ ഐഡൻറിഫൈ ചെയ്യാനും അതിനെ ഭഗവത് അർപ്പണമാക്കാനും മാത്രമാണ് ശരിക്കും സാധന ജപമല്ല സാധന ധ്യാനമല്ല സാധന ഭക്തിയല്ല സാധനയോഗമല്ല സാധനയോഗവുമല്ല അവൻ്റെ സ്വധർമ്മത്തിനെ കണ്ടെത്തിയിട്ട് ആ സ്വധർമ്മത്തിനെ ഈശ്വരൻ്റെ ചരണത്തിൽ വെക്കലാണ് ചരണത്തിൽ നോക്കി ഞാൻ പോളിറ്റിക്കലായിട്ട് പറയണു അതിൽ അഭിമാനം എടുത്ത് യോഗമാക്കി മാറ്റി കഴിയുമ്പോൾ ഉള്ളിലുള്ള അകത്തിലുള്ള ആ അക തുറക്കും കാരണം അവിടെ ക്ലോഗായിട്ട് ബ്ലോക്കായിട്ട് ഇരിക്കണത് ഈ വാസനകളാണ് അത് തുറക്കണമെങ്കിൽ സ്വധർമ്മത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതങ്ങട് അന്തരയാമയുടെ കയ്യിലോ കൊടുക്കണം നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കണം മാറി നിന്ന് കഴിഞ്ഞാൽ അ ഫ്ലോ അസ്ട്രീം അത് പോകും സ്വതന്ത്രമാക്കും വ്യക്തിയെ വ്യക്തിയെ വ്യക്തിത്വത്തിൽ നിന്ന് തന്നെ സ്വതന്ത്രമാക്കും അയാളുടെ അഭിമാന നിന്ന് തന്നെ സ്വതന്ത്രമാക്കും നമ്മൾക്ക് ഒരുപാട് പ്രീ ഐഡിയാസ് ഉണ്ട് അധ്യാത്മം എന്ന് പറഞ്ഞാൽ ഉടനെ മെഡിറ്റേഷൻ ആണെന്നാണ് പലരും വിചാരിക്കുന്നത് മെഡിറ്റേഷൻ എവിടെയോ കിടക്കണു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം ഏഴാമത്തെ പടിയാണ് അഷ്ടാംഗയോഗത്തിൽ അപ്പൊ ആ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത് ഇയാൾക്ക് യമം നിയമം ആസനം പ്രാണായാമം ഒക്കെ ഇയാളുടെ ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ തനിയെ വരേണ്ടതാണ് ധ്യാനം വാസനാക്ഷയം വരുമ്പോൾ മനസ്സ് ശാന്തമാവും അശാന്തമായ മനസ്സോടുകൂടി മെഡിറ്റേഷൻ ഇരുന്നു കഴിഞ്ഞാൽ ഇനിയും ഈ കുഴപ്പങ്ങൾ ചിലപ്പോൾ അധികമായേക്കാം ആളുകൾക്ക് അതിന് വലിയ അട്രാക്ഷനാണ് മെഡിറ്റേഷൻ ഇങ്ങനെ ഇരിക്കാൻ നമ്മളുടെ ഒരു ഫ്രണ്ട് പഴയ കാലത്ത് ഒരാൾ ഒരു മെഡിറ്റേഷൻ സീറ്റ് വാങ്ങിച്ചു അമേരിക്കയിൽ ഇപ്പൊ ഇവിടെ ഒക്കെ തന്നെ കിട്ടുന്നുണ്ട് അയാൾ അന്ന് അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത് എത്രയോ പണം ചെലവാക്കിയിട്ട് വാങ്ങിച്ചു ഞാൻ അന്നേ അയാളോട് പറഞ്ഞു വിവരക്കേട് കാണിക്കരുത് വേണ്ട എന്ന് പറഞ്ഞു അല്ല അയാൾ വിചാരിച്ചു അതിൽ അഡ്വെർടൈസ്മെന്റ് ഒരു സ്ത്രീ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണത് ആ സീറ്റിൽ കണ്ടു അപ്പൊ അയാൾ വിചാരിച്ചു അതിൽ ഇരുന്നാൽ മെഡിറ്റേഷൻ വരുന്നു വിചാരിച്ചു കുറച്ചു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു സീറ്റ് വാങ്ങിക്കണത് നടന്നു കുറെ പണവും ചെലവായി അതിലിരുന്നാ ഉറക്കം വരണ്ട് സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്യുക വലിയ കാര്യം ചെയ്യാനൊന്നും പോണ്ട ഭഗവാൻ ഭക്തി ചെയ്യുക ജപം ചെയ്യുക സത്സംഗത്തിലിരിക്കുക പതുക്കെ പതുക്കെ പതുക്കെ സ്വധർമ്മത്തിനെ കണ്ടുപിടിച്ച് അത് ഈശ്വരാർപ്പണമാക്കണം നമുക്ക് വയസ്സായി കഴിഞ്ഞു ഇനി എന്ത് സ്വധർമ്മം കണ്ടുപിടിച്ച് ഈശ്വരാർപ്പണമാക്കേണ്ടത് വയസ്സായി കഴിഞ്ഞു അപ്പം എന്താ ചെയ്യുക ശരണാഗതി കഴിഞ്ഞു നമ്മളുടെ പണി കഴിഞ്ഞു അല്ലേ ഇപ്പോഴാണ് നമുക്ക് ഭഗവാൻ സത്സംഗത്തിൽ ഭാഗ്യം തന്നിരിക്കണതെങ്കിൽ ഇനി സ്വധർമ്മം കണ്ടുപിടിക്കാൻ പറ്റുമോ സ്വധർമ്മമൊക്കെ കഴിഞ്ഞിരിക്കണം പക്ഷേ ഏറ്റവും വലിയ സ്വധർമ്മം അവസാനം എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടെ നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല ഭഗവത് സാക്ഷാത്കാരമെന്നുള്ള ലക്ഷ്യത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിച്ചാൽ വാർദ്ധക്യം എന്ന് പറയുന്നത് അമൃതമായിട്ട് തീരും നമ്മളുടെ ലക്ഷ്യം ഗോളൊക്കെ ഇവിടെ ആണെങ്കിൽ ഒരു ഒരു ഹതാശനായിട്ട് തരും നമ്മൾ ഒരു ഡെസ്പറേറ്റ് ആയിട്ട് തരും ഒരു ഡെസ്പോണ്ടൻസി വരും ഇവിടെയാണ് നമ്മൾക്ക് നേടാനുള്ളതെങ്കിൽ ഇവിടെ ഏതാ ചതിക്കാ നമുക്കറിയില്ല ലക്ഷ്യം ഇവിടെ ഒന്നുമില്ല നമുക്ക് പരമാർത്ഥത്തിലെ ലക്ഷ്യം വെക്കാം അതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ വിഷയം പ്രവൃത്തി സ്വധർമ്മമായത് ഭഗവാൻ അത് പറയുന്നു ആ ടോപ്പിക് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് നോക്കുക ശ്രേയാൽ ഒരു കാര്യം ഭഗവാൻ പറഞ്ഞു കർമ്മം ജനറൽ ആയിട്ട് അത് രണ്ടു വിധത്തിലാണ് ഒന്ന് സ്വധർമ്മം ഒന്ന് പരധർമ്മം സ്വധർമ്മം പലപ്പോഴും സമൂഹത്തിന്റെ അംഗീകാരമില്ലാത്ത കർമ്മമായിരിക്കാം സമൂഹത്തിൽ എല്ലാവരും വാഴ്ത്താത്തതായിരിക്കാം ഇല്ല ഇന്നലെ പറഞ്ഞ നമ്മൾക്ക് സമൂഹം ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളെ മാത്രമേ വാഴ്ത്തുള്ളൂ അതുകൊണ്ട് എന്താ എല്ലാവരും അതിലേക്ക് വരാൻ നോക്കുകയാണ് സമൂഹം മുഴുവനും ഒരു കുറച്ച് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരും മാത്രം മതി എന്നുള്ള അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് ആശാരി വേണ്ട കെട്ടുകാരും വേണ്ട ഫാർമർ വേണ്ട കൃഷിക്കാരൻ വേണ്ട പൂജ ചെയ്യാനുള്ള ആൾ വേണ്ട വൈദിക കാര്യത്തിനുള്ള ആൾ വേണ്ട എല്ലാരും കുറച്ചുപേർ എഞ്ചിനീയർ കുറച്ചുപേർ ഡോക്ടർ അപ്പൊ എല്ലാരും ഇവൻ വൈദികരായിട്ടുള്ള ആളുകളൊക്കെ പോലും അവരുടെ മക്കൾ ഞങ്ങളുടെ മക്കൾ ഈ വഴിക്കൊന്നും വരണ്ടപ്പാ അവര് പോട്ടെ എന്താന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടു കൃഷിക്കാരൊക്കെ പറയണത് ഞങ്ങളുടെ മക്കളെ ഇനി കൃഷി ചെയ്ത് ബുദ്ധിമുട്ടിരുന്നു അവര് കെ സി റൂമിലിരുന്ന് എന്തെങ്കിലും എന്താ ചെയ്യണ ആർക്കും നിശ്ചയില്ല അവർക്കും നിശ്ചയില്ല മുമ്പ് ഫോർഡ് കമ്പനിയില് കാവൽക്കാരനായിട്ടിരുന്ന ഒരാളെന്നോട് പറഞ്ഞേ സ്വാമി അത് കഴിഞ്ഞ് ഐ ടി കമ്പനിയിലേക്ക് മാറി അയാൾ ഞാനിത് ഇവിടെ പറഞ്ഞു ഡെസ്സോ അപ്പൊ ഐ ടി കമ്പനിയിൽ മാറിയപ്പോ അയാൾ പറഞ്ഞു ഫോർഡ് കമ്പനിയിൽ ഞാൻ കാവൽക്കാരനായിരിക്കുമ്പോ കുറെ ആളുകൾ ഉള്ളിൽ പോകും കുറെ ആളുകൾ വെളിയിൽ വരും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാറൊക്കെ വെളിയിൽ വരും ഈ ഐ കമ്പനിയിൽ ഒന്നും എനിക്ക് മനസ്സിലാവാത്ത ഒരുപാട് ആളുകൾ ഉള്ളിൽ പോകണം വെളിയിൽ വരണോ ഒന്നും വെളിയിൽ വരണില്ല അയാളുടെ സംശയമായിരുന്നു പക്ഷെ അവരാണല്ലോ പൊക്കം മുഴുവൻ വട്ടം കിറക്കണത്ത് അപ്പൊ സമൂഹം മുഴുവൻ ഒരു പെക്യൂലിയർ കർമ്മത്തിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും ഒരു യുക്തിയും ഇല്ലാതെ അതിന് പുറകിൽ ഒരു ലോജിക്കും ഇല്ല വെറും ഈഗോ വെറും അറഗൻസ് ഫുൾ ഇഷ് ഇമാജിനേഷൻ അതുകൊണ്ട് മാത്രം ഒരു പറ്റം ആളുകളെ മാത്രം ആരാധിക്കുമ്പോ ബാക്കിയുള്ളവർ മുഴുവൻ അതിലേക്ക് വരും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഉള്ളിലിരിക്കുന്ന ഭാവനയ്ക്ക് തൊന്നും ചേരുകയേ ഇല്ല ഒരുപാട് ഇവിടെ ഉള്ള നല്ല വൈദിക സംസ്കാരത്തോടെ വന്നവരൊക്കെ അവസാനം വിടുന്ന് പോയി അവിടെ പോയി ജോലി ചെയ്ത് കുറച്ച് വർഷം കഴിയുമ്പോ അങ്ങനെ കിടന്ന് തിളക്കുക ഒരാള് പറഞ്ഞു വിട്ടിട്ട് വരാനെന്ന് വൃത്തിയില്ല ഉള്ളില് സമാധാനം ഇല്ല രാത്രി ഒക്കെ മുത്തശ്ശൻ ഇരുന്ന് സന്ധ്യാവന്തനം കഴിക്കണത് തോന്നിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ വരാൻ വയ്യ ഏകാവന്തമായിട്ട് അവരുന്ന് ജപിക്കണതും അമ്പലത്തിൽ പോകുന്നതും തോഴുന്നതും ഒക്കെ അവിടെ രാവിലെ എണീറ്റാ ഓടലും വൈകുന്നേരം വരലും അവിടുത്തെ ജീവിത രീതി ഒന്നും പറ്റുന്നില്ല ഇതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഭയാവഹം എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു അതായത് നിങ്ങൾക്ക് പറ്റാത്തതും നിങ്ങളുടെ സിസ്റ്റത്തിലും ഇല്ലാത്ത ഒരു കർമ്മത്തിനെ മോഹം കൊണ്ട് വെറും ഫാസിനേഷൻ കൊണ്ട് നിങ്ങൾ എടുത്തുവെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഈഗോ വിൽ ബി സാറ്റിസ്ഫൈഡ് യു വിൽ ബി ഫ്ലാറ്റർഡ് ബട്ട് അൾട്ടിമേറ്റ്ലി യു വിൽ ലൂസ് ദ വാർ യു മേ വിൻ ദ ബാറ്റിൽ ബട്ട് യു വിൽ ലൂസ് ദറുതായിട്ട് ഒരു വിജയം വരും അവസാനം നോക്കുമ്പോൾ സമാധാനം ഇല്ല ഒക്കെ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കിയിട്ട് ഒരു സമാധാനമില്ല കുറെ പണമുണ്ടാക്കി എന്ത് ചെയ്യണം ഒരാൾ പറഞ്ഞു പണുണ്ടാക്കി ഇനി എന്ത് ചെയ്യും ആശ്രമങ്ങളിൽ ഈ മാതിരി കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുക ഇതൊക്കെ നല്ലതല്ലേ ഇതൊക്കെ നല്ലതാണ് ഞാൻ ഒരാളോട് പറഞ്ഞു സിംഗപ്പൂർന്ന് വന്ന ആളോട് നിങ്ങൾ കൊടുക്കണം നല്ലതാണ് പക്ഷെ നിങ്ങൾ സന്ധ്യാവന്തരം ചെയ്യണം നിങ്ങൾ അനുഷ്ഠാനം ചെയ്യണം നിങ്ങൾ ഇതൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് ഫലമുള്ളൂ നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഈ പണം മാത്രം കൊടുത്താൽ ഒരു അതുകൊണ്ട് പ്രയോജനം പ്രയോജനം ഉണ്ടാവും ഏതൊക്കെ ആളുകൾക്ക് കൊടുക്കണോ അവർ നിങ്ങളെ പോലെ തന്നെ ആയിത്തരുന്നു എന്നാൽ നിങ്ങളെ ഏത് ദുഷിപ്പിച്ചോ അത് നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് പണം കൊണ്ടൊന്നും ആവില്ല മാക്സിമം ഉണ്ണാമുടുക്കാം ഉറങ്ങാം അത്രേ പറ്റുള്ളൂ താമസിക്കാം വീട് അത്രേ കൂടുതൽ കുഴപ്പങ്ങളും ഉണ്ടാക്കാം പ്രതിബന്ധവും ഉണ്ടാക്കാം അതിന് വേണ്ട ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അപകടമായിട്ട് തരും അപ്പോ ധർമ്മം എന്ന് പറയണത് വ്യക്തി കണ്ടുപിടിക്കണം അയാളുടെ ജീൻ്റെ ഉള്ളിൽ എന്തുണ്ട് സ്വഭാവത്തിൽ എന്തുണ്ട് എന്താണ് ഇഷ്ടം കണ്ടുപിടിക്കണം അതിൽ അയാൾ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ പ്രകൃതി എന്താണെന്ന് കണ്ടുപിടിക്കണം ഏതാണ് ലോകത്തിന് നല്ലതെന്ന് കണ്ടുപിടിക്കണം സമൂഹത്തിന് നല്ലതെന്ന് കണ്ടുപിടിക്കണം അതനുസരിച്ച് ചെയ്താൽ അതിൽ കുറച്ച് ദോഷമുണ്ടെങ്കിലും അത് സമൂഹത്തിന്റെ അംഗീകാരമില്ലാത്തതാണെങ്കിലും പരധർമ്മത്തിനെ നല്ലവണ്ണം ചെയ്യുന്നതിനെക്കാളും ഈ മോശമായ സ്വധർമ്മം നല്ലതാണ് അർജുന എന്തൊരു വലിയ കണ്ടുപിടി ഒരു വിഷയമാ നോക്കൂ ഭഗവാൻ പറയണത് പരധർമ്മം എത്ര വാഴ്ത്തപ്പെടുന്നതാണെങ്കിലും എത്ര അംഗീകരിക്കപ്പെടുന്നതാണെങ്കിലും നിന്റെ സ്വധർമ്മം എത്ര മോശമാണെങ്കിലും നിന്റെ സ്വധർമ്മം നല്ല ലോകം മുഴുവൻ അംഗീകരിച്ച് വാഴ്ത്തുന്ന പരധർമ്മത്തിനേക്കാളും ആരും ശ്രദ്ധിക്കാത്തതും ആരും വില വെക്കാത്തതുമായി സ്വധർമ്മം ഇത് ശ്രേഷ്ഠമാണെന്ന് കാരണം സ്വഭാവവിഹിതം കർമ്മ നല്ലവണ്ണം നോക്കണം സ്വധർമ്മം എന്നുള്ളതിന് ഭഗവാൻ തന്നെ ഡെഫനിഷൻ കൊടുക്കാണ് സ്വധർമ്മം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാന്റെ ഡെഫനിഷനാണ് സ്വഭാവവിഹിതം കർമ്മ നിന്റെ സ്വഭാവത്തിന് പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള കർമ്മം കുറുവന് നീ ചെയ്താൽ ആത്നോതി കൽപിഷം ചെയ്താൽ അതുകൊണ്ട് നീ നിന്നെ ഉപദ്രവിക്കില്ല നിന്റെ ഉള്ളിൽ കോൺഫ്ലിക്ട് ഉണ്ടാവില്ല നിന്റെ ഉള്ളിൽ സംശയം ദുഃഖമുണ്ടാവില്ല നിന്റെ ഉള്ളിൽ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ പിച്ചക്കാരനാവില്ല കാരണം ഈ ചെയ്യണത് തന്നെ നീ നിറഞ്ഞു ഈ ചെയ്യണത് തന്നെ നീ സന്തുഷ്ടനായിട്ട് തീരും അതിന്നു വല്ല ശമ്പളം കിട്ടിയോ അതിൽ നിന്ന് വല്ല പണം കിട്ടിയോ അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയോ ഒന്നും നോക്കില്ല ഈ ചെയ്യണത് സന്തോഷമാണ് തൃപ്തിയാണ് ഇതിന് ബാക്കി എന്ത് കിട്ടാനാ ഇതിനു മേലെ തരാൻ പറ്റും അത് നമുക്കൊരു സന്തോഷം തരും അതുകൊണ്ട് ആ കർമ്മത്തിനെ അറിഞ്ഞ് അതിനൊക്കെ അങ്ങോട്ട് ഇറങ്ങുക അർജുന ശ്രേയാൻ സ്വധർമ്മോ വിഗുണ എത്ര ദോഷമായിട്ടുള്ള സ്വധർമ്മമാണെങ്കിലും അത് നല്ലതാ അർജുന പരധർമ്മത്ത് പരധർമ്മം എത്ര നല്ലത് വേണമെങ്കിൽ ആയിക്കോട്ടെ അത് നല്ലവണ്ണം നീ അനുഷ്ഠിച്ചാലും അതിനേക്കാളും ഈ സ്വധർമ്മം നല്ലതാണ് ദ്രോണ ഒരു എത്ര കണ്ട് നല്ലവണ്ണം അനുഷ്ഠിച്ചു സമാധാനം ഉണ്ടായോ ഒരു വാശിക്ക് അമ്പും വില്ലും എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു വാശിക്ക് കയറി ശിഷ്യന്മാരെ പഠിപ്പിച്ച് ദ്രുപദന്റെ നേരെ അയച്ചു തൽക്കാലത്തേക്ക് തോറ്റുവെങ്കിലും അഗ്നിയാദാനം ചെയ്ത് ഒരു ആ ഒരു കുട്ടിയെ ജനിപ്പിച്ചു ദ്രോണനെ കൊല്ലാനായിട്ട് അല്ലേ നോക്കൂ ഒരു കർമ്മം പോലും ബാക്കി വെറുതെ പോവില്ല ഉപദേശ ഉന്തിയാർ തമിഴില് പറഞ്ഞു രമണഭഗവാൻ വിനയൻ വിളവ് വിളിവുറ്റു വിത്തായി വിനയ്ക്കടൽ വീഴ്ത്തിടും ഉന്തിപ്പര വീട് തറൽ ഇല്ലൈ ഉന്തിപ്പര വിനയെന്ന് ഒരു കർമ്മം വെറുതെ അവസാനിക്കുകയില്ല ഒരു കർമ്മം അവസാനിക്കുന്നതിന് മുമ്പ് വേറെ ഒരു കർമ്മത്തിന്റെ വിത്ത് ഇട്ടിട്ടേ പോകുള്ളൂ എന്നാണ് ഇങ്ങനെ ഒന്നിന്ന് ഒന്ന് തുടങ്ങി വെച്ചിട്ട് വിനൈ കടൽ വീഴ്ത്തിടും കർമ്മത്തിന്റെ സമുദ്രത്തിൽ കൊണ്ടുപോയി ചാടിക്കും പുറത്തു വരാനേ കഴിയില്ല വീട് തരൽ ഇല്ല സ്വാതന്ത്ര്യം കിട്ടില്ല സ്വതന്ത്രമാവില്ല അതിനകത്ത് പെട്ടുപോകും അപ്പോ എന്താ വേണ്ട സ്വധർമ്മത്തിന് എത്ര അത് നീച്ചമാണെന്ന് തോന്നിയാലും അതിൽ ദോഷ ഗുണമില്ലെന്ന് തോന്നിയാലും ആരാധ്യമല്ലെന്ന് തോന്നിയാലും അവനവന് വീഴ്ന്നു കിട്ടിയിരിക്കുന്ന സ്വധർമ്മം കണ്ടുപിടിച്ച് സന്തോഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കിൽബിഷം പതുക്കെ പതുക്കെ ഉള്ളിലുള്ള ദോഷം കൽമഷം അതൊക്കെ പോകും പതുക്കെ പതുക്കെ കൽമഷം കിൽബിഷമൊക്കെ ഉള്ളുന്നു പോകും വിഷം അപ്പോ അതിലൊരു ഒരു കാര്യം പറയണം നോക്കൂ ശങ്കരാചാര്യ ഒരു ഭാഷയത്തിൽ പറയാണ് സ്വഭാവനീയതം കർമ്മ എന്ന് പറഞ്ഞു ചിലരിൽ ചില ദോഷം ഉണ്ടാവും ചില ദോഷകർമ്മങ്ങൾ ചിലർ ചെയ്യണം യഥാ വിഷജാത ഇവ കൃമേഹ വിഷം നോഷകരം തഥാ സ്വഭാവനിയതം കർമ്മ കുറുവെന്ന ആപ്നോദിക്കിൽ വിഷം ഇപ്പോ ഒരു ക്ഷത്രിയനായ അർജുനന് യുദ്ധം ചെയ്യണം ഒക്കെ പറയുമ്പോൾ ഉദാഹരണം ശങ്കരാചാര്യർ പറഞ്ഞത് വിഷത്തിൻ്റെ ഉള്ളിൽ ജനിക്കുന്ന ചില കൃമികളുണ്ട് അവർക്ക് ആ വിഷം ഒരു ദോഷവും ചെയ്യില്ല പാമ്പിൻ്റെ ഉള്ളിലുള്ള വിഷം പാമ്പിനെ ഒരുവിധത്തിലും അപകടപ്പെടുത്തില്ല അത് മറ്റുള്ളവർക്കേ അപകടമാവുള്ളൂ അതുപോലെ കർമ്മത്തിൽ എന്തു ദൂഷ്യമുണ്ടെങ്കിലും അത് അയാളുടെ സ്വധർമ്മമാണെങ്കിലും അയാളെ അപകടപ്പെടുത്തില്ല മറ്റുള്ളവന്റെ കർമ്മം എത്ര നല്ലതാണെങ്കിലും അത് ചെയ്യാൻ പുറപ്പെട്ടാൽ ഇവൻ സമാധാനമായിട്ട് ഇരിക്കില്ല ഞാൻ ചെയ്താൽ എന്താണ് ചെയ്തോ സമാധാനം ഉണ്ടാവില്ലേ നിനക്ക് എന്താണ് നിന്റെ സ്വഭാവവിഹിതമായ കർമ്മുണ്ടോ സ്വഭാവനീയതമായ കർമ്മ ഉണ്ടോ അത് വിഷജാതൈവ കൃമി കിൽബിഷം ആപ്നോതി ഉക്തം വിഷത്തിന്റെ ഉള്ളിൽ വന്ന കൃമിക്ക് വിഷം ഒരു വിധത്തിലും അയാൾ അതുപോലെ എന്ത് നമ്മളുടെ സ്വഭാവമായി കഴിഞ്ഞു പ്രകൃതി ആയിക്കഴിഞ്ഞു നംസ്തി അവനെ ദ്രോഹിക്കില്ലാന്ന് അത് നമ്മൾ നമ്മളുടെ സിസ്റ്റമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടിക്കില്ല സിസ്റ്റത്തിൽ നിന്ന് വിട്ടുനിന്നാൽ ഇപ്പൊ ശാപ്പാട് തന്നെ നോക്കും ഉള്ളിൽ പോയിട്ട് ദഹിക്കാതെ കിടന്നാൽ സിസ്റ്റത്തിൽ കലർന്നില്ല അപ്പോഴാണ് കിടന്നിങ്ങനെ ഒരു വിഷമമൊക്കെ അത് ദഹിച്ചു കഴിയുമ്പോൾ സിസ്റ്റത്തിൽ ഒന്നായി ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് അറിയയില്ല അതേപോലെയാണ് ഈ കർമ്മമും പ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഉപദ്രവിക്കും പ്രകൃതി ലീനമായി കഴിഞ്ഞാൽ ഉപദ്രവിക്കില്ല പിന്നെ അറിയയില്ല സ്വാഭാവികമായിട്ട് തരും ഇല്ലേ ഒരു പാട്ട് പാടുമ്പോൾ പ്രകൃതിയിൽ നിന്ന് വിട്ടുനിന്ന് പാടുക അതായത് ഇപ്പോഴേ പഠിച്ചിട്ടുള്ളൂ ആ പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞ് പതുക്കെ വന്നിട്ട് നോക്കി തെറ്റാതെ പുസ്തകം നോക്കിയൊക്കെ പാടുമ്പോ എത്ര കുഴപ്പമുണ്ട് അല്ലേ അത് തന്നെ അങ്ങനെ പ്രകൃതിയിൽ ലീനമായി കഴിഞ്ഞാൽ അവർക്കറിയാതെ അതങ്ങനെ എവിടെയോ നോക്കി ചിരിച്ചു കൊണ്ട് അതൊന്നും അവർ ബാധകമേ അത് സ്വഭാവത്തിൽ നിൽക്കുകയാണ് അങ്ങനെ സ്വഭാവ കഴിയുമ്പോൾ അത് ഈശ്വരാർപ്പിതമാവും ചിലപ്പോൾ ഒരു ഒരു പാട്ട് പാടുമ്പോൾ പെട്ടെന്ന് അങ്ങടെ യു ഗെറ്റ് കണക്ട വിത്ത് ദ ഹയർ ബീങ് അപ്പോ നോക്കുക നിങ്ങൾ പഠിച്ചതല്ലാത്തതൊക്കെ ചിലപ്പോൾ വരും അതിൻ്റെ അത് നിങ്ങളുടെ അല്ല ഇയാള് പഠിച്ചു പാടുന്നതല്ലാതെ ഈശ്വരൻ അതിനകത്തേക്ക് പ്രവേശിക്കുന്നു സ്വാഭാവികമായ ധർമ്മത്തിൻ്റെ ഉള്ളിലേക്കേ ഈശ്വരന് പ്രവേശിക്കാൻ പറ്റുള്ളൂ സോ സ്വധർമ്മം എന്ന് പറയുന്നത് ഒരു പ്രാവിന് കൂടെ ഉണ്ടാക്കി പോലെയാ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണു പ്രാവ് എപ്പോൾ വരുന്നെന്ന് പറയാൻ പറ്റില്ല തേനീച്ച കൂട് റെഡിയാക്കി വെക്കും തേനീച്ച എപ്പോ വരും എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഈ സ്വഭാവവിഹിതമായ കർമ്മം ചെയ്തുകൊണ്ട് യോഗിയായിട്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആ കർമ്മത്തിന്റെ നെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കൃതനീടാഹാഹാന്ന് അവിടെ നീടം റെഡിയാക്കി വെച്ചാൽ ഈ പക്ഷികൾ വന്ന് എത്തുന്ന പോലെ ശക്തി അതിനകത്തേക്ക് പ്രവേശിക്കും അപ്പോ ഇത് പറഞ്ഞിട്ട് ഭഗവാൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ് അതുകൊണ്ട് അർജുന നിനക്കിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നീ ഒരു വില്ലാളിയായിട്ട് ജനിച്ചു എന്ത് ചെയ്യാം നീ ജനിക്കുമ്പോ തന്നെ ഇങ്ങനെയാണ് ജനിച്ചിരിക്കണത് ഈ രീതിയിലാണ് നീ ജനിച്ചിരിക്കണത് ഇത് നീ ഇപ്പൊ അർജുനൻ അല്ലാതാവാൻ പറ്റില്ല ബൃഹങ്ങളെ ആയിട്ട് പോയിലും ഇത് പോയില്ല ബൃഹൻ നിളയായിട്ട് അർജുനൻ വേഷം കെട്ടിയതല്ല ഒരു ശാപം കാണും ഒരു വർഷത്തേക്ക് മൂപ്പർ അങ്ങനെ ആയിരുന്നു എന്നിട്ട് പോലും അമ്പും വില്ലും ഒന്നും വിട്ടു മൂപ്പർക്ക് പറ്റിയില്ല ദ്രോണര് പറഞ്ഞു അർജുനന് രാത്രി ഊണ് കൊടുക്കുമ്പോൾ വെളിച്ചമില്ലാതെ കൊടുക്കുകയരുത് വിളക്കണഞ്ഞു പോകരുത് സൂക്ഷിച്ചുകൊള്ളാന്ന് പാചകക്കാരനോട് പറഞ്ഞുവെച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇരുട്ടത്തെ അമ്പ് വിടുന്ന ശബ്ദം കേട്ടു ദ്രോണർ ചെന്ന് നോക്കുമ്പോ അർജുനനുണ്ട് ഇരുട്ടത്തെ കണ്ണും തുണി കൊണ്ട് കെട്ടിയിട്ട് ഒരു ലക്ഷ്യം വെച്ച് അമ്പ് കറക്റ്റായിട്ട് എഴുതു തർപ്പിക്കാം ദ്രോണർ ചോദിച്ചു ഈ ഐഡിയ നിനക്ക് എങ്ങനെ വന്നു അത് ഊണ് കഴിക്കുമ്പോൾ കാറ്റത്ത് വിളക്കണഞ്ഞു പോയി അപ്പൊ കൈ കറക്റ്റായിട്ട് വായിൽ പോകണു അപ്പൊ അതിൽ നിന്ന് ഞാൻ പഠിച്ചു ലക്ഷ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെളിച്ചമില്ലെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണെന്ന് അത്ര കണ്ട് വൈഭവം പ്രതിഭ ഉള്ളിലുണ്ട് ഇതിപ്പതല്ലാതായിട്ട് തീരാൻ പറ്റുമോ ഒരാൾ വേറെ ഒരാളായിട്ട് മാറാൻ ശ്രമിച്ചാൽ എങ്ങനെ പറ്റും അയാൾ എന്തോ അയാളതാണ് അയാളുടെ പ്രകൃതിയുടെ അന്യഥാഭാവോ ഭവിഷ്യത്തി എന്നാണ് പ്രകൃതിയിൽ ഉള്ള ഭാവത്തിനെ മാറ്റിമറിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹേ അർജുന ഭഗവാൻ അർജുനനെ കൊഞ്ചെന്നുപോലെ തോന്നുന്നു നമുക്ക് ആളിച്ചു കൊണ്ടുവന്ന് ഒന്ന് കേൾക്കൂപ്പാ സഹജം കർമ്മ സദോഷമിനേ സർവാരംഭാഹിദോഷേണേ ധൂമേന സഹജം കർമ്മ കൗന്തേയ നിന്റെ കൂടെ ജനിച്ചിരിക്കുന്ന കർമ്മം ദക്ഷൻ ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ ബോഡി ഇറ്റ് ഈസ് യുവർ സിസ്റ്റം അതിനെ വിടാൻ നിനക്ക് പറ്റില്ല അങ്ങനെയുള്ള കർമ്മത്തിന് സദോഷമപി അതൊരു ദോഷം ഉണ്ടെങ്കിലും ഉപേക്ഷിക്കരുത് സർവാരംഭാഹ ഈ ലോകത്തിൽ ഏത് ആരംഭമാണ് ദോഷമില്ലാത്തത് ഏത് കർമ്മമാണ് ദോഷമില്ലാത്തത് എല്ലാത്തിലും ദോഷമുണ്ട് ദോഷത്തിനെ എടുത്തു കളയണം കർമ്മത്തിനെടുത്ത് കളയാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യും കർമ്മത്തിന് എടുത്തു കളഞ്ഞ് ഉള്ളിൽ വെക്കും സുന്ദരമൂർത്തി സ്വാമികൾ ശിവനെ പാടുമ്പോ ഈശ്വരനോട് ഒരു പാട്ടിൽ പറഞ്ഞു പാലിൽ കുപ്പ വെള്ളത്തിൽ കുപ്പ വീണാ വെള്ളം തൂത്ത് പാലിൽ കുപ്പ വീണ കുപ്പ എടുത്തു കളഞ്ഞ് ശുദ്ധമാക്കിയിട്ട് പാലിനെടുക്കും അതുപോലെ ഭക്തിയില്ലാത്തവൻ്റെ അടുത്ത് ദോഷം ഉണ്ടെങ്കിൽ അവനെ തള്ളിക്കളഞ്ഞേക്കും ഭക്തി ഉണ്ടെങ്കിൽ ദോഷത്തിനെ എടുത്തു കളഞ്ഞ് എന്നെ എടുക്കണം എന്നെ തള്ളിക്കളയാൻ പാടില്ല എന്റെ ഉള്ളിലുള്ള ദോഷത്തിന് തള്ളിക്കളയൂ എടുത്തു അതുപോലെ കർമ്മത്തിലുള്ള ദോഷത്തിനെ നിവർത്തിപ്പിച്ച് കർമ്മത്തിനെ ചെയ്യൂന്നു നമ്മൾ പറഞ്ഞ് കർമ്മത്തിനെ കളഞ്ഞ് ദോഷത്തിന് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും ഈ ദോഷം പോകണേ കർമ്മം ചെയ്യണം അതാണ് അന്ന് നീലകണ്ഠദീക്ഷിതരുടെ ശ്ലോകം ചൊല്ലിയത് ർമ്മ മ യൂനം അധേമേമി ഭവം തരേമ കർമ്മം ചെയ്താ സംസാരം കിടക്കില്ല വിട്ടാ സംസാരത്തിൽ പെട്ടുപോകും ഡബിൾ സൈഡാണ് അതിന് അപ്പോ കർമ്മം ത്യജേത് ആചരേത് എന്ന് ശ്രുതി രണ്ടും പറയണത് ഏതർത്ഥത്തിലാണെന്ന് ചോദിക്കാം ഇപ്പൊ കർമ്മം ചെയ്യുകയും വേണം അത് ഭഗവതർപ്പണമായിട്ട് ചെയ്യും വേണം അതിനുള്ള ദോഷത്തിനെ നിവർത്തിപ്പിക്കുകയും വേണം അങ്ങനെ അല്ലാത്ത കർമ്മം ഒരു പെർഫെക്റ്റ് കർമ്മം കിട്ടിയിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും പറ്റില്ല കിട്ടിയത് ചെയ്യാം സർവാരംഭാഹിദോഷേണ് ധൂമേന അഗ്നി പല ആളുകളും നോക്കുക ലോകത്തില് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടവരൊക്കെ ചെറുതായിട്ട് തുടങ്ങിയതാണ് അവര് ഒരു കർമ്മം എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നേ കിട്ടിയത് എന്താന്ന് വെച്ചാൽ അത് ചെയ്തു അത്ര അവരുടെ മുമ്പിൽ വീണ് കിട്ടിയ ധർമ്മം എന്താന്ന് വെച്ചാൽ അത് എല്ലാ കർമ്മവും അഗ്നിയെ പുക മറിക്കണ പോലെ കുറേ ദോഷം അതിന് മുമ്പിലുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങോട്ട് പൂവ് സർവാരംഭാഹി ദോഷേന ധൂമേന അഗ്നിരിവാൃത്താഹ ഒക്കെ ത്രിഗുണാത്മകമായതുകൊണ്ട് അതിൽ ദോഷം ഉണ്ടാവും മാത്രല്ല ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളിനെ ദോഷം ഉണ്ടാവും നമ്മൾ മാത്രല്ല കർമ്മത്തിൽ കൂടെ കുറെ ആളുകൾ വരും വ്യക്തികൾ വരുമ്പോൾ ആ വ്യക്തികളുടെ പ്രാരബം അവരുടെ സ്വഭാവം അവരുടെ പ്രകൃതിയൊക്കെ ഈ കർമ്മ മണ്ഡല ഒരു ഒരു ലൗകിക ജീവിതം ഒരു കുടുംബ ജീവിതത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടിയല്ല ജനിക്കുന്നത് ആ ഒരു ഒരു പഴയ ഒരു കഥയുണ്ട് ഇംഗ്ലീഷിലൊരു ടെയിലുണ്ട് ഒരു സ്ത്രീ രാജകുമാരി അവരെവിടെ പോയാലും അവരുടെ കൂടെ ഒരു തോട്ടം പോകും അവരെ കണ്ടുപിടിക്കണത് ഈ തോട്ടം വെച്ചുകൊണ്ടാണ് ഈ ഗാർഡൻ വെച്ചുകൊണ്ടാണ് ആ കഥ പോലെ എല്ലാവർക്കും അങ്ങനെയാണ് എല്ലാവരും വരുമ്പോൾ അവരുടെ കൂടെ ഒരു തോട്ടം വരും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്കനുസരിച്ച് ഈ അച്ഛനമ്മമാരുടെ ജീവിതമൊക്കെ മാറും സന്ദർഭങ്ങളൊക്കെ മാറും ഒക്കെ മാറും അത് ആശ്ചര്യമാണ് എന്താണെന്ന് വെച്ചാൽ അതിന് ചിലത് എന്തൊക്കെ വേണോ അതൊക്കെ സന്ദർഭത്തിൽ ഉണ്ടാക്കും അതിനനുസരിച്ച് നമ്മളൊന്നും ഏർപ്പാടാക്കേണ്ട നമ്മളെ അറിവില്ലായ്മ കൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത് ഇതിനെങ്ങനെ നോക്കുന്നു അല്ലേ പഴയ വരരുചിയുടെ കഥ കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ വായുണ്ടോ ചോദിക്കുന്നുണ്ട് എന്നാൽ വിട്ടേക്ക് തോന്നും വഴിയുണ്ടെന്ന് വായുണ്ടെങ്കിൽ വഴിയുണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ അത് ജനിക്കുമ്പോൾ അതിന് വേണ്ട സന്ദർഭവും കൊണ്ടാണ് വരണത് അതേപോലെ ഒരു കർമ്മമണ്ഡലത്തിൽ ഒരു വ്യക്തി ഉള്ളിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ കൂടെ ഒരു പ്രകൃതി വരും അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇതാണ് പറയണത് ഇതിലുള്ള കൺഫ്യൂഷൻ നമ്മൾക്ക് നമ്മളെ മാത്രമേ അറിയുള്ളൂ അയാളെ അറിയില്ല അയാൾ വരുമ്പോൾ അയാളുടെ പ്രകൃതിയെ അറിയില്ല ഇതൊക്കെ കൂടെ ഉള്ള കോൺഫ്ലിക്ട്സൊക്കെ ഉണ്ടാവും ഇതാണ് ധൂമം എന്ന് പറഞ്ഞു ഭഗവാൻ ഈ പുക ഇല്ലാതാക്കാൻ പറ്റില്ല ഏത് ഫീൽഡ് ഓഫ് ആക്ഷനിലും ലൈഫ് മുഴുവൻ പുകയുണ്ട് അജ്ഞാനമാണ് ഈ പുക എന്ന് പറയണത് ആ പുക കണ്ടിട്ട് ഭയന്നിട്ട് കാര്യമില്ല ആ പൊകയെ നിവർത്തിപ്പിച്ച് അഗ്നിയെ ഊതി പ്രകാശിപ്പിക്കണം അതുകൊണ്ട് ധൂമേന അഗ്നിരിവാൃത സഹജന പരധർമാനുഷ്ഠാനെ അപ്പൊ ദോഷാത് നയാവഹ പരധർമ്മ ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ ഇനി सहजं कर्म സഹജം കർമ്മ കൗന് സദോഷമി തന്നേത് സർംഭി ദോഷേണ ധൂമേന അഗ്നിരിവാൃതഞ്ഞു